ന്യൂഹ അലഹിസ്ലാം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു എന്റെ രക്ഷിതാവേ തീർച്ചയായും എൻറെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് നിന്റെ വാഗ്ദാനം സത്യമാണ് നീയാണ് വിധികർത്താക്കളിൽ ഏറ്റവും മികച്ച വിധികർത്താവ്